പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്കുകൂട്ടാമോ അവയുടെ പ്രസവകാലം നിനക്ക് അറിയാമോ അവ കുനിഞ്ഞ് കുട്ടികളെ പ്രസവിക്കുന്നു ക്ഷണത്തിൽ വേദന കഴിഞ്ഞു അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു അവ പുറപ്പെട്ട് പോകുന്നു മടങ്ങി വരുന്നതുമില്ല കാട്ടുകഴുതെ അഴിച്ചുവിട്ടത് ആർ വനഗർദ്ധഭത്ത് കെട്ടഴിച്ചതാർ ഞാൻ മരുഭൂമിയെ അതിനു വീടും ഉവർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി അത് പട്ടണത്തിലെ ആരവം കേട്ട് ചിരിക്കുന്നു തെളിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നതുമില്ല മലനിരകൾ അതിന്റെ മേച്ചൽപ്പുറമാകുന്നു പച്ചയായതൊക്കെയും അത് തിരഞ്ഞു നടക്കുന്നു കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ അത് നിന്റെ പുൽത്തൊട്ടിക്കരികെ രാപ്പാർക്കുമോ കാട്ടുപോത്തിന് നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ അത് നിന്റെ പിന്നാലെ നിലനിരത്തുമോ അതിന്റെ ശക്തി വലുതാകയാൽ നീ അതിനെ വിശ്വസിക്കുമോ നിന്റെ വേല നീ അതിന് ഫരമേൽപ്പിച്ച് കൊടുക്കുമോ അത് നിന്റെ വിത്ത് കൊണ്ടുവരുമെന്നും നിന്റെ കളപ്പുരയിൽ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറകുവീശുന്നു എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ അത് നിലത്ത് മുട്ടയിട്ട് പോകുന്നു അവയെ പൊടിയിൽ വച്ച് വിരിക്കുന്നു കാൽകൊണ്ട് അവ ഉടഞ്ഞു പോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല അത് തന്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന കാഠിന്യം കാണിക്കുന്നു തന്റെ പ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭയപ്പെടുന്നില്ല ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി വിവേകമതിന് നൽകിയിട്ടുമില്ല അത് ചിറകടിച്ച് പൊങ്ങി ഓടുമ്പോൾ കുതിരയെയും പുറത്തു കയറിയവനെയും പരിഹസിക്കുന്നു കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത് അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത് നിനക്കതിനെ വെട്ടുക്കിളിയെപ്പോലെ ചാടിക്കാമോ അതിന്റെ ഹൂങ്കാരപ്രതാപം ഭയങ്കരം അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു അത് കൂശാതെ ഭയത്തെ പുച്ഛിക്കുന്നു വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല അതിന് എതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകുലുക്കുന്നു അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു കാഹ്ളന്നദം കേട്ടാൽ അത് അടങ്ങി നിൽക്കയില്ല കാഹളനാഥം ധ്വനിക്കുന്തോറും അത് ഹ ഹ എന്ന് ചിനയ്ക്കുന്നു പടയി പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തുനിന്ന് മണക്കുന്നു നിന്റെ വിവേകത്താലോ പരുന്തു പറക്കേ ചിറക് തെക്കോട്ട് വിടർക്കുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ടു പറക്കുകയും ഉയരത്തിൽ കൂടുവയ്ക്കുകയും ചെയ്യുന്നത് അത് പാറയിൽ കുടിയേറി രാപ്പാർക്കുന്നു പാറമുകളിലും ദുർഗത്തിലും തന്നെ അവിടെ നിന്ന് അത് ഇര തിരയുന്നു അതിന്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു അതിന്റെ കുഞ്ഞുകൾ ചോരവലിച്ച് കുടിക്കുന്നു പട്ടുപോയവർ എവിടെയോ അവിടെ അതുണ്ട്